വിനാമത്തിന് മഹത്വം നമ്മൾ പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ചടങ്ങുകൾ വളരെ വളരെ വളരെ കുറവാണ് എല്ലാം വളരെ ആന്തരികമാണ് വളരെ കാണാവുന്ന ദൃശ്യമായ കാര്യങ്ങൾ വളരെ കുറവാണ് ആന്തരികമാണ് വിശ്വാസം എന്ന് പറയുന്നത് ആർക്കെങ്കിലും കാണിച്ചു തരാൻ ഒക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ വിശ്വാസം എന്താണ്ട് ഇത്രയുണ്ട് എന്ന് കാണിച്ചു തരാൻ ഒക്കും ചിലർ പറയും അത് കടകുമണി എന്നൊക്കെ കർത്താവ് ചില സാദൃശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ സംഗതി ശരിയാണെങ്കിലും നമുക്ക് ഈ വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് കാണിച്ചു കൊടുക്കാനൊക്കെ ഒരു കാര്യമല്ല കർത്താവിനോടുള്ള നമ്മുടെ ഭക്തി ദൈവഭയം എന്ന് പറയുന്നത് കാണിച്ചു കൊടുക്കാവുന്നതാ അത്രയും എനിക്ക് ഭക്തിയുണ്ട് എന്നൊന്നും കാണിച്ചു കൊടുക്കാനൊക്കെയില്ല ഇതെല്ലാം ആന്തരികമായ ഒരു കാര്യമാണ് എന്നാൽ പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം കാണാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട് സഭയുടെ പോക്കിൽ പരിശുദ്ധാത്മാവ് തന്നെ അല്ലെങ്കിൽ ദൈവം തന്നെ ക്രമീകരിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വിശ്വാസ സ്നാനം ആ സ്നാനത്തിൽ ചിലത് കാണാനും കേൾക്കാനും ഉണ്ട് നമ്മളിപ്പോൾ കണ്ടല്ലോ അവിടെ ചെന്നു ചിലർ ഇറങ്ങി മുങ്ങി പൊങ്ങി പാട്ടുപാടി കാണാനും കേൾക്കാനും ചില കാര്യങ്ങളുണ്ട് അത് ദൃശ്യമായ ചില കാര്യങ്ങളുണ്ട് അതൊരു ചടങ്ങാണ് ഒരളവിൽ ഒരു ചടങ്ങാണ് എങ്കിലും നമ്മൾ ഈ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ സ്നാനത്തിലാണ് കർത്താവിനെ ധരിക്കുന്നത് കർത്താവിനോട് ചേരുന്നു എന്നൊക്കെ പറയുമ്പോഴും ഒന്നാം നൂറ്റാണ്ടിൽ രക്ഷയും സ്നാനവും ഒന്നിച്ചാണ് നടത്തിയിരുന്നത് രക്ഷിക്കപ്പെട്ടു ഉടനെ തന്നെ സ്നാനപ്പെടുത്തുക ചെയ്യുന്നത് അത് തമ്മിൽ ഇത്രയും അകലമുണ്ടായിരുന്നില്ല അതുകൊണ്ട് രക്ഷയിൽ തന്നെ ഈ കാര്യങ്ങൾ നടക്കുന്നു ആന്തരികമായിട്ട് നടക്കുന്നു എന്നാൽ അതിൻ്റെ ഒരു പരസ്യ സാക്ഷ്യമെന്നുള്ള നിലയിലാണ് ഈ കാണാവുന്ന ഒരു കാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ സഭയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് ദൃശ്യമായ കാണാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കർത്തൃമേശയുടെ ആചരണമാണ് അതും നമ്മൾ അതിനായിട്ട് അപ്പത്തിനായിട്ടും വീഞ്ഞിനായിട്ടും പ്രാർത്ഥിക്കുന്നു കൊണ്ടുവരുന്നു നമ്മളതിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു ഇതൊക്കെ ഒരു ചടങ്ങാണ് കാണാവുന്ന ദൃശ്യമായ കാര്യമാണ് എന്നാൽ അതിൻ്റെയും ആന്തരികമായ യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ പിടിക്കുന്നത് ആ ആന്തരിക യാഥാർത്ഥ്യമില്ലാതെ കർമ്മങ്ങൾ ചെയ്താൽ അത് എന്താ ഉള്ളിൽ കാമ്പില്ലാതെ ഒരു പുറന്തോട് മാത്രമായി പോകും നിലനിൽക്കുകയില്ല സ്നാനം കർത്താവുമായിട്ടുള്ള ആ നിലയിലുള്ള ഒരു ചേർച്ച പുതിയ മനുഷ്യനെ ധരിക്കുന്നത് ഒരു സമർപ്പണം ഈ കാര്യങ്ങളില്ലാതെ ആ സ്വന്തം മനസാക്ഷിയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് തൃപ്തിപ്പെടുത്താനായിട്ടൊരു ചടങ്ങ് പോലെ സ്നാനപ്പെട്ടാൽ അത് നിലനിൽക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ കർത്തൃമേശയിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുകയാണ് ഇന്ന് സ്നാനപ്പെട്ട പ്രിയപ്പെട്ടവരും അഞ്ചു പേരും അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കർത്തൃമേശയിലേക്ക് കരങ്ങൾ നീട്ടുകയാണ് നമ്മൾ നേരത്തെ സ്നാനപ്പെട്ടവരും ഈ കർത്തൃമേശയിലെ പങ്കാളികളായവരുമായ നമ്മളും ഒന്നിച്ച് നമ്മളെ ഒരു കൂട്ടത്തിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുന്നു ഒരു സഭയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു ആ ഒരു ബോധ്യത്തിൽ നമ്മൾ അപ്പം പലരായ നാം ഒരപ്പത്തിൻ്റെ അംശികളാകുമ്പോൾ ഒരു ഒരു സഭയുടെ ഭാഗമായിട്ട് ഒരേ അപ്പത്തിൻ്റെ അംശികളാക്കി ദൈവം നമ്മളെ തീർത്തിരിക്കുന്നു ഇതൊക്കെ വലിയ മർമ്മമായ കാര്യമാണ് എങ്കിലും നമ്മൾ വളരെ ഇന്ന് കർത്തൃമേശയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആ കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ ഇതിൻ്റെ ആന്തരികമായ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് വളരെ വേഗത്തിൽ നമുക്ക് ചിന്തിക്കാം അതിനെ ഉപത്ബലകമായിട്ട് കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ താന് പെസഹായുടെ അപ്പവും മീഞ്ഞും ആ കാര്യങ്ങളൊക്കെ വന്ന് വന്നിരുന്ന സമയത്ത് അതിനെ എടുത്ത് ഒരു കർത്തൃമേശയായിട്ട് അതിൻ്റെ ഒരു നിഴലായിട്ട് ആ കാര്യങ്ങളെ ചെയ്ത സമയത്ത് കർത്താവ് പറഞ്ഞ ഒരു വാക്യം നമുക്ക് വായിക്കാം മറ്റായി ഏഴ് ഇരുപത്തിയാറാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തേഴ് ഇരുപത്തെട്ട് വാക്യങ്ങളാണ് പിന്നെ പാനപാത്രവും എടുത്തു സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു എല്ലാവരും ഇതിൽ നിന്ന് കുടുപ്പി ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചുരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം എന്ന് യേശു പറഞ്ഞു താന് ഈ പാനപാത്രവും എടുത്തു സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചുരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം പുതിയ നിയമം പുതിയ നിയമം എന്ന ഈ പദം സത്യത്തിലെ മലയാളം വിവർത്തനത്തിൽ അത്രത്തോളം വ്യക്തതയുള്ള പ്രയോഗമല്ല പുതിയ നിയമം എന്നല്ല അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ കാണുന്നത് ന്യൂ കവനൻറ്റ് എന്നാണ് പുതിയ ഉടമ്പടി ഉടമ്പടി കവനൻറ്റ് കവനൻ്റ് എന്നാണ് മൂലഭാഷയിൽ നിയമം എന്നുള്ളതിന് ആ ഉള്ള വാക്ക് കർത്താവായ യേശു ക്രിസ്തു ആദ്യമായിട്ടാണ് തൻ്റെ സംഭാഷണത്തിൽ ഈ കവനൻ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഇവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് വേദപണ്ഡിതന്മാരെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം നിയമത്തിനുള്ള രക്തം കവനൻറ്റിനുള്ള ബ്ലഡ് കവനൻറ്റിനുള്ള രക്തം എന്ന് പറയുമ്പോൾ അതും കർത്താവ് ആദ്യമായിട്ടാണ് അങ്ങനെ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഈ കാര്യം പറയുമ്പോൾ ഇത് പഴയ നിയമത്തിലെ ഒരിടത്തു നിന്നുള്ള ഒരു ഉത്തരണിയാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം പുറപ്പാട് പുസ്തകം നമ്മൾ വളരെ വേഗത്തിൽ പല വാക്യങ്ങളെടുത്ത് പോവുകയാണ് ദയവായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ബൈബിളെടുത്ത് നോക്കുക വാക്യങ്ങൾ കുറിച്ചെടുക്കുക പുറപ്പാട് പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നിയമത്തിൻ്റെ രക്തം നിയമത്തിനുള്ള രക്തം എന്ന കർത്താവ് ഇവിടെ ഉപയോഗിച്ചത് ആ വാക്ക് ആ പ്രയോഗം നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നു പുറപ്പാട് പുസ്തകം ഇരുപത്തിനാലാമത്തെ അധ്യായം അവിടെ ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത് അവർ ഇസ്രായേൽ മക്കൾ എവിടെ വന്നു അവർ സീനായിൽ വന്നു അവിടെ ദൈവത്തിൻ്റെ പ്രത്യക്ഷത സീനായി പർവ്വതത്തിലുണ്ടായി ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അവിടെ പറയുന്നത് ദൈവം നിയമങ്ങൾ കൊടുത്തു ഇതിനു ആ പർവ്വതത്തിൽ ജനമൊക്കെ ഈ മോശ മാത്രം യഹോവയ്ക്ക് അടുത്ത് വരട്ടെ ജനം അടുത്ത് വരണ്ട എന്ന് കൽപ്പിച്ചു ഇരുപത്തിനാലിൻ്റെ ഒന്ന് രണ്ടാം വാക്യങ്ങൾ അതിനുശേഷം മോശ എന്ത് ചെയ്തു മോശ അവിടെ ഹോമയാഗങ്ങളെ കഴിച്ചു യഹോവയ്ക്ക് സമാധാന കാളകളെയും അർപ്പിച്ചു ഈ പർവ്വതത്തിൻ്റെ ഈ പർവ്വതത്തിൻ്റെ അടിഭാഗത്തായിട്ട് മോശ യാഗങ്ങൾ നടത്തുന്നതാണ് നമ്മൾ കാണുന്നത് ഹോമയാഗങ്ങൾ കഴിച്ചു സമാധാനയാഗങ്ങളായിട്ട് കാളകളെയും അർപ്പിച്ചു എന്നിട്ട് അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഈ കാളകളെ അല്ലെങ്കിൽ ഹോമയാഗത്തെയൊക്കെ അർപ്പിച്ചതിൽ ഉള്ള ആ ബലിമൃഗത്തിൻ്റെ രക്തത്തിൽ മോശ പാതിയെടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ചു രക്തത്തിൽ പാതി യാഗപീഠത്തിന്മേൽ തളിച്ചു അവൻ നിയമപുസ്തമെടുത്ത് ജനം കേൾക്ക വായിച്ചു യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് ജനം പറഞ്ഞു അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചു ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവാ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ രക്തം എന്ന് പറഞ്ഞു കണ്ടോ അവിടെ മോശ ചെയ്തത് ഈ രക്തമെടുത്ത് അവിടെ താന് യാഗപീഠത്തിന്മേൽ തളിച്ചു നിയമപുസ്തകം വായിച്ചു കേൾപ്പിച്ചു നിയമപുസ്തകം വായിച്ച് കൽപ്പിച്ചപ്പോൾ ജനമെല്ലാം കൈ ഉയർത്തി അതിന് ആമേൻ പറഞ്ഞു അവർ പറഞ്ഞതെന്താ ഞങ്ങൾ യഹോവ കൽപ്പിച്ചതൊക്കെയും അനുസരിച്ച് നടന്നുകൊള്ളാം എന്ന് അവർ തങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ് ചെയ്തത് സ്വാഭാവികമായിട്ട് അവർക്ക് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അത് അതായത് ഈ നിയമപുസ്തകത്തിൽ അല്ലെ ദൈവം നൽകിയ നിയമങ്ങൾ എന്തൊക്കെയായിരുന്നു ആ പത്ത് കൽപ്പനകൾ കൊടുത്തതിനെക്കുറിച്ച് അതിന് പുറകിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെയൊക്കെയും ഒന്നാമത്തെ കൽപ്പന പോലും അവരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് എളുപ്പമുള്ളതായിരുന്നില്ല പുറപ്പെടുസ്വം ഇരുപതാം അധ്യായത്തിൽ ആ കർത്താവ് കൊടുത്ത നിയമങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ടല്ലോ ഒന്നാമത്തേത് ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് ഒരു വിഗ്രഹവും നിന്റെ ദൈവമായ എഹോയുടെ നാമം വൃതായടുക്കരുത് ശബത്നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക അപ്പനെയും അമ്മയും ബഹുമാനിക്കുക കുല ചെയ്യരുത് വിഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത് യാതൊന്നിനെയും മോഹിക്കരുത് ഇങ്ങനെയുള്ള കൽപ്പനകൾ ഒന്നൊന്നായി പറയുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരിവിടെ ഇതാ ഇരുപത്തിനാലിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കും എന്ന് പറഞ്ഞെങ്കിലും അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല കഴിഞ്ഞ എത്രയോ നാനൂറ് വർഷത്തിൽ പരമായിട്ട് അവർ മിശ്രൈമിലായിരുന്നു മിശ്രൈമിൽ മിശ്രൈമെന്ന് പറയുന്നത് അന്ന് വിഗ്രഹാരാധനയ്ക്ക് കേളി കേട്ട ഒരു സ്ഥലമായിരുന്നു വിഗ്രഹം ആയിട്ട് അവർ ദൈവമായിട്ട് കണ്ടിരുന്നത് വലിയ കാളകളെയൊക്കെയാണ് കാളകളെ ഏ കാള കാള ഇതൊക്കെയാണെങ്കിലും ഒരു ഒരു ഒത്ത കാളയെ നമ്മൾ കണ്ടാൽ നമ്മൾ അല്പനേരം നോക്കി നിന്ന് പോകും അല്ലേ അതിൻ്റെ ഒരു നടപ്പ് അതിൻ്റെ കാല് വെക്കുമ്പോൾ അതിൻ്റെ മസിലൊക്കെ ഉരുണ്ട് കയറുന്നതും എല്ലാത്തിനും ഒരു ഗാംഭീര്യമുണ്ട് കാർഷിക വൃത്തി പ്രധാനമായിരുന്ന ഈ മിഡിൽ ഈസ്റ്റിലെ ഈജിപ്റ്റ് മിശ്രൈമിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃഷി കാര്യങ്ങൾ നന്നായിട്ട് പോകണമെങ്കിൽ ഉഴവ് നടക്കണം ഉഴവ് നടക്കാൻ ഏറ്റവും കൂടുതൽ അവരെ സഹായിക്കുന്നത് എന്താണ് കാളയാണ് അപ്പോൾ കാള ഞങ്ങളുടെ ദൈവം അങ്ങനെയാകാം എങ്ങനെയായാലും അവരെ സംബന്ധിച്ചിടത്തോളം കാളയാണ് ഇത് പറയുമ്പോൾ എന്തോ അന്യമായ ഒരു കാര്യമെന്ന് വിചാരിക്കരുത് നമ്മുടെ ഭാരതത്തിൽ നോക്കുക ഭാരതത്തിലെന്താ ഭാരതത്തിൽ ബഹുഭൂരീക്ഷം വരുന്ന ജനങ്ങളും കാളയെ ദൈവമായിട്ട് ആരാധിക്കുന്നില്ലേ ഇവിടെ ചിലപ്പോഴുത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതിനെയൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ടും അതിൻ്റെ ആ നിലയിലുള്ള രൂപങ്ങളുണ്ടാക്കി കൊണ്ടുപോകുമ്പോഴും ഒക്കെ ശ്രദ്ധിച്ചാലറിയാം അപ്പോൾ കാളയെ ആരാധിക്കുന്ന ആ ഒരു കാര്യം വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ നേരെയാണ് ആദ്യത്തെ കൽപ്പനകൾ തന്നെ വരുന്നത് ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുത് ആ ഞാനെന്ന് പറയുന്ന ദൈവത്തെ ഇവരാരും ഒട്ട് കണ്ടിട്ടുമില്ല അവനെ കാണാൻ ഒട്ട് കഴിയുകയില്ല കാണാവുന്ന ഒരു ദൃശ്യമായ ഒരു എണ്ണം ആയിരുന്നെങ്കിൽ ഈ ഈ ഇരുപത് ലക്ഷം വരുന്ന ജനത്തിന് കുറച്ചുകൂടെ അതിനോട് ചേർന്ന് നിൽക്കാനൊക്കെ വരുന്നു അതിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി കൊണ്ടു നടന്ന ആ ദണ്ടത് ഞങ്ങളുടെ ദൈവം ഇന്നും കണ്ടിട്ടില്ലേ ഈ അദൃശ്യമായ ദൈവത്തെ വിശ്വസിക്കാൻ എന്ത് വേണം വിശ്വാസത്തിൻ്റെ ആഴമായ കാര്യം വേണം അതുകൊണ്ടാണ് കർത്താവിനെ വിശ്വസിക്കുന്നതെന്ന് പറയുന്ന ചില പുരോഹിത സഭകൾ പോലും കർത്താവിൻ്റെ രൂപം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുമ്പോൾ അവർക്കൊരു ഫീൽ അറ്റുഭവമുണ്ട് ആ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ട് കാണാം തൊടാം കുമ്പിടാം കണ്ടോ വിഗ്രഹാരാധന ആഴത്തിലുള്ള ഒരു കാര്യമാണ് ആഴത്തിലുള്ള ഒരു കാര്യം പോട്ടെ അതിനെക്കുറിച്ചല്ല നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമായിരുന്നില്ല ഞങ്ങളിതെല്ലാം കൽപ്പിച്ചതൊക്കെയും വിശ്വസിച്ചും അനുസരിച്ചും നടന്നുകൊള്ളാം എന്ന ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ പറഞ്ഞത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല വർഷങ്ങളായിട്ടും ഇസ്രൈമിൽ അവർ കണ്ടും അവരും അതിൻ്റെ കൂടെ കൂടി ആരാധിച്ചും വന്നിരുന്ന വിഗ്രഹാരാധനയ്ക്കെതിരെ തന്നെയാണ് ആദ്യത്തെ നിയമങ്ങൾ അതിനെ തന്നെയാണ് തച്ചുടച്ചത് ഇസ്രായേൽ മക്കൾ ഇത് പറഞ്ഞിട്ട് നമുക്കറിയാം പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ആ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു മോശയെ കാണാതായി അഹരവന് അതിൻ്റെ അടുത്ത് ചെന്നു അഹരവന് നിങ്ങളുടെ കുണുക്കും ആഭരണമൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു അതെല്ലാം എടുത്ത് തീക്കകത്ത് ഇട്ടു തീക്കകത്തിട്ടപ്പം ഒരു കാള പുറത്ത് വന്നു എന്നാണ് അഹരവൻ പിന്നീട് മോശയുടെ അടുത്ത് പറയുന്നത് ഞാൻ എന്നാ ചെയ്യാൻ അവരെല്ലാം കൂടെ കുറേ സാധനം കൊണ്ടുവന്നു ഞാൻ എന്തോ ചെയ്തു ഞാൻ തീയിലോട്ടിട്ടു കാള പുറത്ത് വന്നു അങ്ങനെ കുറച്ച് ആഭരണം അതിൻ്റെ അകത്തോട്ടിട്ടാ കാള പുറത്ത് വരുമോ ഇല്ല അഹരവൻ തന്നെ കൊത്തുപണി കൊണ്ട് ചെയ്ത് പാഷ വരുത്തി പക്ഷേ മോശവിരൽ ചൂണ്ടിയപ്പം ആ കുറ്റകൃത്യം ഏറ്റെടുക്കാതെ അഹരവിന് ഒഴിഞ്ഞു മാറുന്നത് നമുക്കവിടെ കാണാൻ കഴിയും ഞാൻ പറഞ്ഞു വന്നത് ഇസ്രായേൽ മക്കൾ ഈ കൽപ്പന ഞങ്ങൾ പാലിച്ചോളാമെന്ന് പറഞ്ഞിട്ടും അവർക്ക് പിന്നീട് പാലിക്കാനായിട്ട് പറ്റാഞ്ഞ സാഹചര്യങ്ങൾ നമുക്ക് തന്നെ അറിയാം പ്രിയപ്പെട്ടവരെ അപ്പം നമ്മൾ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ നിയമപുസ്തകം മോശം വായിച്ച് കേൾപ്പിച്ചു വായിച്ച് കേൾപ്പിച്ചിട്ട് ഹോവ കൽപ്പിച്ചതൊക്കെ ഞങ്ങൾ അനുസരിച്ച് നടക്കാമെന്ന് പറഞ്ഞപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചു എന്നിട്ട് പറഞ്ഞു സകല വചനങ്ങളും ആധാരമാക്കി യഹോ വ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു ഇവിടെ മോശം പറയുന്നത് നിങ്ങളൊരു ഒരു നിയമമെന്നല്ല അവിടുത്തെ വാക്ക് എന്താണ് ഒരു ഉടമ്പടി ഉടമ്പടി ഉടമ്പടിയുടെ രക്തം ഇതാ നിങ്ങൾ എന്തോ ചെയ്തിരിക്കുക ഞങ്ങളിത് ചെയ്തോളാമെന്ന് പറഞ്ഞപ്പം നിങ്ങളൊരു ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചു ഒരു കവനൻ്റിലേക്ക് പ്രവേശിച്ചു ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ് ഉടമ്പടിയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏ ആ ഉടമ്പടിക്ക് ഏറ്റവും കുറഞ്ഞത് രണ്ട് പേരെങ്കിലും വേണം അവർ രണ്ടു പേരൂടെ ഡിസ്കസ് ചെയ്ത് ഒരു പൊതുവായ ഒരു ധാരണയിലെത്തുന്നു എത്തിയിട്ട് അത് എഴുതി രേഖപ്പെടുത്തി വയ്ക്കുന്നു അതിന് ചിലപ്പോൾ നമ്മുടെ നിയമത്തിൻ്റെ സംരക്ഷണം കിട്ടാൻ വേണ്ടി രജിസ്ട്രാഫീസിൽ കൊണ്ടുവന്ന് അത് മുദ്ര വയ്ക്കുന്നു ഇവിടെ എന്താ ഇവരുടെ ആ നിലയിലുള്ള തീരുമാനത്തെ ഒരു കവനൻ്റാക്കി ഒരു ഉടമ്പടിയാക്കി ദൈവവും അവരും തമ്മിൽ രണ്ട് പേർ ചേർന്നിട്ട് ഈ കാര്യം ഉറപ്പിക്കുക ഉറപ്പിക്കുമ്പം ആ ഉറപ്പിനായിട്ട് രക്തം അതിൻ്റെ മേൽ തളിക്കുന്നു എന്നിട്ട് പറയുന്നു ഇത് നിയമത്തിൻ്റെ രക്തം ഇതൊരു കവനൻ്റാണ് കവനൻ്റാണ് എന്നാണ് പറയുക ചെയ്യുന്നത് ഈ നിയമം അവിടെ രക്തത്താൽ മുദ്ര ഇടപ്പെടുകയാണ് ചെയ്തത് ഈ ഉടമ്പടി രക്തത്താൽ മുദ്ര ഇടപ്പെടുകയാണ് അവിടെ ചെയ്തത് രക്തത്താൽ മുദ്രയിടപ്പെട്ട ആ കവനൻ എന്നുള്ള ആ വാക്കാണ് കർത്താവായ യേശു ക്രിസ്തു മത്തായി എഴുതിയ സുശേഷം നമ്മൾ വായിച്ചെടുത്ത് കർത്താവ് എടുത്ത് ഉദ്ധരിക്കുന്നത് ഞാനിത് അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചുരിയുന്ന കവനൻറ്റിനുള്ള എൻ്റെ രക്തം എൻ്റെ രക്തം ഇവിടെ യേശു ഒരു കവനൻറ്റ് ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുക ആ ഉടമ്പടിയിൽ എന്തുണ്ട് ഉടമ്പടിയിലെ രണ്ട് കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും ഒന്ന് അവിടെ രക്തമുണ്ട് രക്തമുണ്ട് രക്തം എന്തിനാ കാണിക്കുന്നു രക്തമെങ്ങനെയാ വരുന്നത് രക്തം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ജീവൻ ഇല്ലാതായാലേ ഒരു യാഗം നടന്നാലേ ഒക്കെ രക്തം കാണിക്കുന്നത് മരണത്തെയാണ് കാണിക്കുന്നത് മരണത്തിൻ്റെ സാന്നിധ്യത്തെയാണ് ഈ രക്തം കാണിക്കുന്നത് പുറപ്പെടു ദിവസം ഇരുപത്തിനാലിൻ്റെ എട്ടിൽ ആ രക്തം അവിടെ കാണിക്കുന്നത് മരണത്തെയാണ് കാണിക്കുന്നത് ഏഴിലോ ഈ രക്തം കൊണ്ട് മാത്രമല്ല അവരുടെ അനുസരണത്തിൻ്റെ വാക്കുകൾ ഏഴിൽ അവരുടെ അനുസരണത്തിൻ്റെ വാക്കുകളുണ്ട് ഞങ്ങൾ അനുസരിച്ച് നടന്നുകൊള്ളാം എന്ന് പറയുന്നു അനുസരണവും മരണവും അനുസരണം മരണം ഈ രണ്ട് കാര്യങ്ങൾ അവിടെ വന്നപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ആ കവനൻ്റെ ആ ഉടമ്പടിയെ അവിടെ മുദ്ര വയ്ക്കുകയാണ് ചെയ്തത് ഈ മുദ്ര വെച്ച ആ ഭാഗമെടുത്താണ് യേശുക്രിസ്തു എന്തോ ചെയ്യുന്നത് കർത്തൃമേശ ആചരണത്തിനായിട്ട് തുടങ്ങുമ്പം ഈ കാര്യമാണ് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് അപ്പോൾ പുറപ്പാട് ദിവസം ഇരുപത്തിനാലിൻ്റെ ഏഴ് വെട്ടും വാക്യങ്ങളിൽ ആ കവനൻ്റെ മുദ്ര വെച്ച ആ ഉടമ്പടി മുദ്ര വയ്ക്കാൻ ഇടയായ രണ്ട് ഘടകങ്ങളും ഏതിലും അന്തർഭവിച്ചിട്ടുണ്ട് കർത്തൃപേശയിലും അന്തർഭവിച്ചിട്ടുണ്ട് കാരണം ഇത് ഒരു പുതിയ കവനൻ്റെ ആണ് പക്ഷെ ഇത് എൻ്റെ രക്തം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ മരണം അവിടെയുണ്ട് അതുപോലെ തന്നെ അനുസരണവും അവിടെയുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ വരുമ്പോഴാണ് ആ കവനൻ്റെ മുദ്രയിടപെടുന്നത് നമുക്ക് കർത്താവായ യേശു ഈ നമ്മളുമായിട്ട് ചേർന്നുള്ള ആ ഉടമ്പടിയിൽ യേശുവിൻ്റെ ഭാഗത്ത് ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഭാഗത്തും ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാകണം എന്ന് മാത്രമാണ് നമ്മളിപ്പോഴേ ചിന്തിക്കാനായിട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് മത്തായി എഴുതിയ ശേഷം ഇരുപത്തിയാറിൻ്റെ ഇരുപത്തിയെട്ടിലേക്ക് വരാം നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കണേ നമുക്ക് സ്വാഭാവികമായിട്ട് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ കാര്യം എങ്കിലും നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രയോജനമായിരിക്കും കർത്താവായ യേശുക്രിസ്തു ഇവിടെ കർത്തൃമേശ ആരംഭിക്കുമ്പോൾ കർത്താവ് പറയുന്നു ഇതൊരു ഉടമ്പടിയാണ് ഉടമ്പടിയാണ് അപ്പോൾ അതിൻ്റെ അകത്തെ ഉടമ്പടിയിൽ ഒരാൾ ആരാണ് കർത്താവാണ് അല്ലെങ്കിൽ ദൈവമാണ് ദൈവമാണ് ഈ ഉടമ്പിടിയുടെ ഒരു ഭാഗം ചെയ്യുന്നത് പക്ഷെ ഉടമ്പടി ഒരിക്കലും ഒറ്റയാൾക്ക് ചെയ്യാൻ ഒക്കുകയല്ല മറുവശത്ത് ഒരു കക്ഷിയോടുണ്ടാകണം നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഉടമ്പടികൾ ക്രമീകരിക്കുമ്പോൾ എന്താ ഒരാൾക്കൊരു വസ്തു വിൽക്കാനുണ്ട് വസ്തു വിൽക്കാനുണ്ട് മറ്റൊരാൾക്ക് അത് വാങ്ങാനും താൽപ്പര്യമുണ്ട് രണ്ടുപേർ വന്നാലേ ആ കച്ചവടം നടക്കുകയുള്ളു ശരി അവർ തമ്മിൽ രണ്ട് പേര് തമ്മിൽ സംസാരിച്ച് തീരുമാനിച്ചിട്ട് അവർ രജിസ്ട്രാഫീസ് ചെന്ന ഒരു തീരുമാനം ആ ഉടമ്പടി ഒപ്പുവെക്കുക അപ്പം ഞാൻ ഇത്ര രൂപ വിലയ്ക്ക് ഞാനത് വിറ്റോളാം എന്ന ഒരാളുടെ ഭാഗം മറ്റേയാളുടെ ഭാഗം ഞാൻ അത്ര രൂപയ്ക്ക് അത് വാങ്ങിക്കൊള്ളാം ഇവർ രണ്ടു പേരും കൂടെ ചേർന്നാലേ ഒരു ഉടമ്പടി ആകുകയുള്ളൂ അല്ലെങ്കിൽ രജിസ്റ്റർ മാര്യേജുകളൊക്കെ നടക്കാറുണ്ടല്ലോ രജിസ്റ്റർ വിവാഹങ്ങൾ വിവാഹങ്ങൾ നടക്കുമ്പോഴും ഒരു പയ്യൻ ഒറ്റയ്ക്ക് ചെന്നിട്ട് ഒരു രജിസ്റ്റർ ആഫീസിൽ ചെന്നിട്ട് ഞാൻ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വന്നേക്കാ എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ ആണ് ചോദിക്കും എന്തിയാണ് പെൺകുച്ചെന്തു ചെയ്യുന്ന ചോദിക്കും അത് കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ആഫീസിൽ പരിപാടി നടക്കുമോ ഇല്ല നീ പോയി രണ്ടാമത്തെ കക്ഷിയെക്കൂടെ കൊണ്ടുപോകാം ഒരു ചെറുക്കനും പെണ്ണും ഉണ്ടെങ്കിലേ എന്ത് നടക്കുകയുള്ളൂ രണ്ട് പേരുണ്ടെങ്കിലേ ഒരു ഉടമ്പടി നടക്കുകയുള്ളൂ ഉടമ്പടി നടക്കുകയുള്ളു പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു ഉടമ്പടിയുടെ ഉടമ്പടിയാണ് എന്ന് കർത്താവ് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ടു പേര് പങ്കാളിത്തമുണ്ട് ഒന്നാരാണ് കർത്താവ് അല്ലെങ്കിൽ വലിയവനായ ദൈവം രണ്ട് നമ്മൾ നമ്മൾ രണ്ട് പേരും കൂടെ ചേർന്നാണ് ആ ഉടമ്പടിയാണെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഗൗരവത്തോടെ ആ കാര്യം ഓർക്കണം കേവലം ഒരു ചടങ്ങ് പോലെ ഇതിലേക്ക് കര മറിച്ച് ഇതൊരു ഉടമ്പടിയാണ് ദൈവവുമായിട്ട് ഞാനൊരു ഉടമ്പടിയിലെത്തിയിട്ടുണ്ട് അതാണ് എന്നെ ഇത് ഓർപ്പിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടെ വേണം നാം ഇതിലേക്ക് കരങ്ങൾ നീട്ടാൻ ഈ ഉടമ്പടിയിൽ രണ്ട് കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാ ഉണ്ടെന്ന് പറഞ്ഞത് ഒന്ന് മരണത്തിൻ്റെ ഒരു പ്രതീകമുണ്ട് രക്തമുണ്ട് രണ്ട് എന്തുണ്ട് അനുസരിച്ച് കൊള്ളാം എന്ന് അവരുടെ ഏറ്റുപറച്ചിലുണ്ട് അനുസരണവും മരണവും ഈ രണ്ട് കാര്യങ്ങളുമുണ്ട് ഈ ഈ ഉടമ്പടിയിൽ പങ്കാളിയാകുന്ന ദൈവത്തിൻ്റെ ഭാഗത്ത് അല്ലെ കർത്താവിൻ്റെ ഭാഗത്ത് എന്തുണ്ട് കർത്താവിൻ്റെ ഭാഗത്തും ഇത് രണ്ടുമുണ്ട് കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ ഈ രണ്ട് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് മരണമുണ്ട് മരണം എവിടെയാണ് ഓ ഈ കർത്തൃമേശ സ്ഥാപിക്കാനായിട്ട് കർത്താവായ യേശുക്രിസ്തു മരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ക്രൂശിൽ മരിക്കാതെ എന്തില്ല ഇതില്ല അവിടെ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം കർത്താവ് തന്നെയാണ് അവിടെ ക്രൂശിൽ പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ട് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് അങ്ങനെ മരിക്കുന്നത് അപ്പോൾ ആ മരണം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് കർത്താവിൻ്റെ ഭാഗത്തു നിന്ന് അത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ കാര്യം നമുക്ക് എബ്രായ ലേഖനം ഒൻപതാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും പല വാക്യങ്ങളും നമ്മൾ വായിക്കുകയാണ് ദയവായിട്ട് കൂടെ നിൽക്കണേ എബ്രാഹിർ കഴിഞ്ഞ ലേഖനം അതിൻ്റെ ഒൻപതാമത്തെ അധ്യായത്തിൽ ഈ നമ്മൾ മുമ്പേ വായിച്ച പുറപ്പാട് പുസ്തകം ഇരുപത്തിനാലിൽ നമ്മൾ വായിച്ച ആ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് ലേഖനകാരൻ യേശു മരണത്തെക്കുറിച്ച് പറയുന്ന ഭാഗം അതിൻ്റെ പതിമൂന്ന് മുതൽ പതിമൂന്ന് മുതൽ അതിൻ്റെ ഇരുപത്തിരണ്ട് വരെയുള്ള ഭാഗങ്ങളിൽ ആ പാരഗ്രാഫ് തീരുന്നിടത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും എന്താ അവിടെ പതി പതിമൂന്ന് മുതൽ നമ്മൾ വായിക്കുമ്പോൾ ആട്ടുകോറ്റന്മാരുടെയും കാളകളുടെയും രക്തവും പശുഭസ്മവും ജെഡിയശുദ്ധി വരുത്തുന്നെങ്കിലും നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം കണ്ടോ പഴയ നിയമത്തിൽ എന്തായിരുന്നു ആട്ടുകോറ്റന്മാരുടെയും കാളകളുടെയും രക്തമായിരുന്നു പുതിയ ഉടമ്പടിയിലേക്ക് വന്നപ്പം അത് ക്രിസ്തുവിൻ്റെ നിഷ്കളങ്കമായ നിർദ്ദോഷമായ രക്തമാണ് ആ രക്തം ആ രക്തത്തെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം മുതൽ ശ്രദ്ധിക്കുക പതിനെട്ടാമത്തെ വാക്യം മുതൽ അതുകൊണ്ട് ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല ആദ്യ നിയമമേതാ നമ്മൾ പുറപ്പാട് ദിവസം ഇരുപത്തിനാലിൽ കണ്ട ആ കാര്യമാണ് ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല മോശ ന്യായ പ്രകാരം കൽപ്പനയൊക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പുറപ്പാട് ഇരുപത്തിനാലിൽ നമ്മളത് വായിച്ചു മോശ ന്യായപ്രമാണ പുസ്തകം അവരെ വായിച്ച് കൽപ്പിച്ചു ന്യായപ്രമാണ പ്രകാരം കൽപ്പന ഒക്കെയും സകലജനത്തെയും പ്രസ്താവിച്ച ശേഷം പശു കിടാങ്ങളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമും ഈ സോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിൻ്റെ രക്തം ബ്ലഡ് ഓഫ് ദ കവനൻറ്റ് നിയമത്തിൻ്റെ രക്തം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഇത് ഏതിനോട് ചേർത്താ പറഞ്ഞേക്കുന്നത് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മരണത്തോട് ചേർത്താ പറഞ്ഞേക്കുന്നു അതിൻ്റെ പതിനാറാമത്തെ വാക്യം കണ്ടോ നിയമമുള്ളിടത്ത് നിയമകർത്താവിൻ്റെ മരണം തെളിവാൻ ആവശ്യം മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത് പഴയ മോശ ആ നിയമം സ്ഥിരമാക്കാനായിട്ട് ആ കവനൻ്റെ സ്ഥിരമാക്കാൻ വേണ്ടി രക്തം തളിക്കാൻ വേണ്ടി എന്ത് ചെയ്തു കാളകളെ ആർത്തു കാളയാർത്തു കാളയാർത്തു നിയമകർത്താവിൻ്റെ മരണത്തിന് ശേഷമേ നിയമത്തിന് സാധുതയുള്ളൂ എന്ന് എബ്രഹലേനത്തിൽ നമ്മൾ വായിച്ചതനുസരിച്ച് കർത്താവായി യേശുക്രിസ്തു പുതിയ ഉടമ്പടി സ്ഥാപിക്കുമ്പോൾ അവിടെയും തൻ്റെ മരണം കാൽവരക്രൂശിലെ മരണം അതിലൂടെയുള്ള രക്തം ആ കാര്യം അവിടെയുണ്ട് മരണമില്ലാതെ ഈ കാര്യത്തിലേക്ക് ദൈവത്തിന് എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല പ്രിയപ്പെട്ടവര് നമ്മളുമായിട്ടൊരു ഉടമ്പടിയിലേക്ക് വരുന്നത് ദൈവത്തിന് സ്വാഭാവികമായിട്ട് എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു മറിച്ച് എന്തായിരുന്നു തൻ്റെ ഏകജാതൻ കാൽവറി കൃഷിൽ മരിക്കണമായിരുന്നു മരിക്കാതെ ഈ കാര്യമൊക്കെ ഇല്ലായിരുന്നു നിയമകർത്താവിൻ്റെ മരണം വെളിപ്പെടാതെ ആ കവനൻറ്റിന് സാധുതയില്ല എന്നാണ് നമ്മൾ എബ്രാഹിം ലേഖനത്തിൽ ഇപ്പോൾ വായിച്ചത് കണ്ടോ അപ്പൊ ദൈവം അതിനെത്ര വലിയ വില കൊടുത്തു ഈ കവനൻ്റിലേക്ക് പ്രവേശിക്കാൻ ദൈവത്തിൻ്റെ ഭാഗത്ത് ദൈവം എത്ര വലിയ വില കൊടുത്തു ദൈവം അവിടെ തൻ്റെ ഓമന തന്നെ ഇതിനായിട്ട് മാറ്റിവെച്ചു ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് എന്തിനാണ് ദൈവം ഇത്രയും വില കൊടുത്തത് അത് നമുക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ നമ്മൾ നിത്യതേ ചെല്ലുമ്പോഴേ അത് നമ്മുടെ എപ്പോഴും ഉള്ള ഒരു ചോദ്യമായിരിക്കും ദൈവമേ എന്തിനാ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നീ ഏ ദൈവത്തിന് ഇത്രേം പറയാൻ കാണുകയുള്ളൂ നമ്മൾ ചിലപ്പോഴേ കണ്ടിട്ടില്ലേ ക്രൂശിനെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു കവിതാശകല ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരാൾ ക്രൂസിൻ്റെ ചവിട്ടിൽ ചോദിച്ചു കർത്താവേ നീ നീ എന്നെ എത്ര സ്നേഹിച്ചു ഉടനെ കർത്താവ് ക്രൂശിലെ രണ്ട് കരങ്ങളും വിരിച്ചിട്ട് പറഞ്ഞു ദാ ഇത്രത്തോളം ഇത്രത്തോളം രണ്ട് കരങ്ങൾ വിരിച്ചപ്പോൾ ആ കരങ്ങളെ ചേർത്ത് എന്ത് ചെയ്തു അവരാണിയടിച്ചു എന്നു വെച്ചാൽ മരിച്ചു നമുക്ക് വേണ്ടി മരിച്ചു ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ആ സ്നേഹം എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല മനുഷ്യൻ ആദ്യം പാപം ചെയ്തപ്പം തന്നെ ഓ എന്ത് ചെയ്തു അവിടെ ദൈവത്തിൻ്റെ പുത്രനെ മാറ്റി നിർത്തി മാറ്റി നിർത്തി ഇതിൻ്റെയൊക്കെ നിഴല് നമ്മൾ പുതിയ പഴയ നിയമത്തെ കാണുന്നുണ്ടല്ലോ പത്താം തീയതി എന്ത് വേണം പത്താം തീയതി ഒരു ആട്ടുകൊറ്റനെ വേർതിരിച്ച് വെക്കണം വേർതിരിച്ച് വെച്ച് പതിനാലാം തീയതി സന്ധ്യക്ക് വേണം ഈ ആട്ടുകൊറ്റനെ ഏർക്ക നമ്മൾ ഈ മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ലോ ഭൂമിയുടെ ആയുസിനെക്കുറിച്ചൊക്കെ ഒത്തിരി തിയറികളുണ്ട് എന്നാൽ മനുഷ്യൻ്റെ ഉൽപ്പത്തി ആറായിരം വർഷത്തെ കഥകളാണ് പറയുന്നത് ആറായിരം വർഷം ഈ ആറായിരം വർഷത്തിൻ്റെ തുടക്കത്തിൽ മനുഷ്യൻ ആദിമ മനുഷ്യൻ പാ ആദം പാപം ചെയ്തപ്പോൾ ദൈവം എന്തു ചെയ്തു തൻ്റെ ഓമന കുമാരനെ മാറ്റിവെച്ചു മാറ്റിവെച്ചു എന്നുവെച്ചാൽ ആ ബലിമൃഗത്തെ മാറ്റിവെച്ചു പത്താം തീയതി ഇസ്രായേൽ മക്കൾ എന്തോ വേണം അവർ ആ ബലിമൃഗത്തെ മാറ്റിവെക്കണം പക്ഷേ എന്നാ അതിനെ അറുക്കേണ്ടത് പതിനാലാം തീയതി സന്ധ്യയ്ക്കാണ് അറുക്കേണ്ടത് ആ പത്തിനും പതിനാലിനും ഇടയ്ക്ക് എത്ര ദിവസമുണ്ട് നാല് ദിവസമുണ്ട് നാല് ദിവസമുണ്ട് ഏഹ് ഈ നാല് ദിവസം പതിനാലാം തീയതി സന്ധ്യയ്ക്ക് ഇറക്കുമ്പോൾ നാല് ദിവസമുണ്ട് ഒരു നമ്മൾ കാണുന്നുണ്ടല്ലോ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആയിരം സംവത്സരം ഒരു ദിവസം പോലെ അപ്പം നാല് ദിവസം സമം എത്ര വർഷം ഇന്ന് ആകപ്പാടെ ആകപ്പാടെ കണക്കും പ്രശ്നമാണ് എന്ന് വിചാരിക്കേണ്ട നോക്കിയാൽ കണക്കറിയാത്ത ഞാൻ പോലും കണക്ക് പറയുക അതായത് ആറായിരം വർഷം മുമ്പാണ് എന്ത് സംഭവിച്ചത് ഈ ഈ പറഞ്ഞതുപോലെ ആദവിൻ്റെ പാപം നടന്നത് മനുഷ്യവർഗത്തിൻ്റെ ഉത്ഭവം ആ ഉത്ഭവത്തിൽ തന്നെ ഈ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് യേശുവിനെ ബലിമൃഗത്തെ മാറ്റി നിർത്തി മാറ്റി നിർത്തി എങ്കിൽ എന്നാണ് പിന്നെ ഇതിനെ അറുക്കുന്നത് പതിനാലാം തീയതി സന്ധ്യയ്ക്കാണ് അറുക്കുന്നത് പതിനാലാം തീയതി സന്ധ്യയ്ക്ക് അപ്പോൾ നോക്കുക കാര്യങ്ങൾ എത്ര കൃത്യമായിരിക്കുന്നു ഒരു ദിവസം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അത് ആയിരം വർഷമാണെങ്കിൽ നാലായിരം വർഷം കഴിഞ്ഞു നാലായിരം വർഷം കഴിഞ്ഞപ്പോൾ ഓ ബി സിയുടെ അവസാനത്തിൽ ഇന്നേക്ക് രണ്ടായിരം വർഷം മുമ്പ് കൃത്യം നാലായിരം വർഷം കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു എന്തു ചെയ്തു ആ മാറ്റി നിർത്തപ്പെട്ട ബലിമൃഗം എന്തു ചെയ്യും അവൻ അവൻ കൊല്ലപ്പെടുന്നു അവനെ അറുത്തു അറുത്തു സന്ധ്യയ്ക്കാണ് ഇസ്രായേൽ മക്കൾ സന്ധ്യയ്ക്ക് ഇതിനെ ഇറക്കണം സന്ധ്യ എന്ന് പറയുന്ന സമയം എങ്ങനെയാ ഇരുളുമല്ല ഇരുളുമല്ല വെളിച്ചവുമല്ലാത്തതാണ് ഇത് തമ്മിൽ ചേരുന്ന ഒരു സമയമാണ് യേശു കർത്താവ് കാൽവരക്രൂശിൽ നിലവിളിച്ച് താനെ മരിച്ചപ്പോൾ എന്ത് ചെയ്തു ഇരുണ്ടുപോയി നട്ടുച്ചയായിരുന്നു പക്ഷെ ഇരുണ്ടുപോയി ഏ സന്ധ്യയ്ക്ക് ഈ മൃഗത്തെ അറക്കണമെന്ന് പറഞ്ഞതുപോലെ ഇരുളും വെളിച്ചവും അല്ലാത്ത ഒരു സമയം എല്ലാ കാര്യങ്ങളും എത്ര കൃത്യമായിട്ട് വന്ന് യോജിക്കുന്നു എന്ന് നോക്കുക നാലായിരം വർഷത്തിന് ശേഷം നാല് ദിവസം പത്താം തീയതി വേർതിരിക്കപ്പെട്ട കുഞ്ഞാട് പതിനാലാം തീയതി അറുക്കപ്പെടുന്നു എന്ന് പറഞ്ഞതുപോലെ മനുഷ്യവർഗത്തിൻ്റെ ഉൽപ്പത്തിയിൽ മാറ്റി നിർത്തപ്പെട്ട ദൈവത്തിൻ്റെ ആ കുഞ്ഞാട് യേശു ക്രിസ്തു നാലായിരം വർഷത്തിന് ശേഷം സന്ധ്യയിൽ ഇരുളും വെളിച്ചവുമല്ലാത്ത സമയത്ത് അറുക്കപ്പെടുന്നു അത് കഴിഞ്ഞിപ്പം പിന്നെ എത്ര നാൾ കഴിഞ്ഞു പിന്നെ രണ്ടായിരം വർഷം കഴിഞ്ഞു ആറായിരം വർഷം കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ വന്ന് ചേരുക അപ്പം നോക്കുക ദൈവം നമ്മളെ സ്നേഹിച്ചത് അങ്ങനെ താന് കാൽവർ ക്രൂശില് താൻ മരിക്കേണ്ടതായിട്ട് വന്നത് കർത്താവിനോട് നമ്മൾ നിത്യതയിൽ ചെന്നിട്ട് ചോദിക്കും കർത്താവേ നീ നീ എന്നെ എത്രത്തോളം സ്നേഹിച്ചു കർത്താവ് കൈ ഇങ്ങനെ വിരിക്കും എന്നിട്ട് പറഞ്ഞു ഇതാ ഇത്രത്തോളം ഇത്രത്തോളം ഇത്രത്തോളം എന്ന് പറയുമ്പോൾ നമ്മൾ ആ കയ്യെ നോക്കും കയ്യെ നോക്കുമ്പോൾ എന്തുണ്ട് കയ്യെ നോക്കുമ്പോൾ ആണിപ്പോഴുതാണും ഞാൻ പറഞ്ഞു പറഞ്ഞു അങ്ങ് ഒത്തിരി അങ്ങ് റൊമാൻറ്റിക്കാക്കി തീർക്കുകയാണെന്നാണോ നിങ്ങൾ കരുതുന്നത് അങ്ങനെയല്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശരീരത്തിലും എന്തുണ്ട് ഈ ആണിപ്പാടുണ്ട് കർത്താവ് കർത്താവ് ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷമാണ് ആ സെൻറ് തോമസ് നമ്മൾ സെൻറ് തോമസിനെ ആണല്ലോ ഭാരതീയരെ അവരുടെ വിശ്വാസത്തിൻ്റെ അപ്പൂസ്തനായിട്ടൊക്കെ പറയുന്നത് നമ്മളെപ്പോലെത്തന്നെയായിരുന്നു നമ്മുടെ അപ്പൂസ്തനും പുള്ളിക്കാരനും എന്തായിരുന്നു സംശയാത്മാവായിരുന്നു എന്നെ ഞാൻ ഇതെല്ലാം കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്നായിരുന്നു പുള്ളിയുടെ വാദം ഒടുവിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു ഏത് കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പം തോമസിനെ വിളിച്ചു തോമസേ വാ നീ ആ വിരലിട് അപ്പം കർത്താവിൻ്റെ ശരീരം എന്ത് ശരീരമായിരുന്നു പുനരുത്ഥാന ശരീരമായിരുന്നു പുനരുത്ഥാന ശരീരത്തിൽ എന്തുണ്ടായിരുന്നു ആണിപ്പാടുണ്ടായിരുന്നു ദൈവത്വത്തിലേക്ക് മനുഷ്യത്വത്തെ കർത്താവ് ഉൾക്കൊണ്ടതാണ് നമ്മളിപ്പോൾ പറഞ്ഞു പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഇതിങ്ങനെ അവസാനിപ്പിക്കാം പ്രിയപ്പെട്ടവരെ നമ്മൾ നിത്യതയിൽ ചെല്ലുമ്പോഴും കർത്താവിൻ്റെ പുനരുദ്ധാന ശരീരത്തിൽ കർത്താവ് ഞാൻ ദാ മോനെ മോളെ ഞാൻ താണ്ട് നിന്നെ ഇത്രയും സ്നേഹിച്ചു എന്ന് പറഞ്ഞ് കർത്താവ് കരങ്ങൾ നീട്ടുമ്പോൾ നമ്മളെ ആനന്ദത്തിൻ്റെ കണ്ണീരോടെ കർത്താവിൻ്റെ പാദത്തിൽ വീഴും കാരണം എന്താ കർത്താവ് നീട്ടുന്ന ആ കർത്താവിൻ്റെ കൈകളിൽ ണിപ്പൊഴുത് നമ്മൾ കാണും ആണിപ്പൊഴുതെന്താനേ കാണിക്കുന്നു മരണത്തെ കാണിക്കുന്നു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു മരിച്ചു മരിച്ചു രണ്ടാമത്തെ കാര്യം അനുസരണമാണല്ലോ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അനുസരണം ഉണ്ടായിരുന്നോ എബ്രാഹിൽ കെഴുതിയ ലേഖനത്തിൽ നിന്ന് തന്നെ നമുക്ക് ആ വാക്യം നോക്കാം എബ്രാഹിൽ കെഴുതിയ ലേഖനം അതിൻ്റെ അഞ്ചാമധ്യായം അഞ്ചാമധ്യായത്തിൻ്റെ അഞ്ചാമധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു കർത്താവ് ഈ ഉടമ്പടി സ്ഥാപിക്കാൻ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം മരണം ആവശ്യമായിരുന്നു ആ മരണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു രണ്ടാമത് എന്താ ഉള്ളത് അവിടെ പുറപ്പാട് ദിവസം ഇരുപത്തിനാലിൽ നമ്മൾ വായിച്ചു അതിൻ്റെ ഏഴാം വാക്യത്തിൽ അവർ പറഞ്ഞു ഞങ്ങൾ അനുസരിച്ചോളാമെന്ന് പറഞ്ഞു അപ്പോൾ അനുസരണവും അവിടെ കൊണ്ടുവരണം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് കർത്താവിൻ്റെ ഭാഗത്തുനിന്ന് കർത്താവ് എന്ത് കൊണ്ടുവന്നു അനുസരണവും കൊണ്ടുവന്നു ബാംഗ്ലൂരിലെ കോൺഫറൻസിൽ സാഗ് ബേറെ പറഞ്ഞ ഒരു കാര്യം കഴിഞ്ഞൊരു ദിവസം സന്തോഷ് ബേറെ പറഞ്ഞല്ലോ അതായത് പലരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ നോക്കുമ്പോൾ കർത്താവിൻ്റെ ഒടുവിലത്തെ മൂന്ന് വർഷം മൂന്നര വർഷത്തെക്കുറിച്ചാണ് പലപ്പോഴും പറയുന്നത് മൂന്നര വർഷം എന്താ മൂന്നര വർഷം ആ മൂന്നര വർഷത്തിലാണ് കർത്താവ് പരശിശുശ്രൂഷ ആ കർത്താവ് ഗിരിപ്രഭാഷണം ആളുകളെ സൗഖ്യമാക്കിയത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചത് കടൽ ജലത്തിന് മുകളിൽ നടന്നത് ഒടുവിലായിട്ട് ആ പരശുശുശ്രൂഷയുടെ ഒടുവിൽ കർത്താവ് കാൽവർ കൃഷിയിൽ മരിക്കുകയും ചെയ്തു ഈ മൂന്നര വർഷമാണ് പലർക്കും പ്രസക്തമായിട്ടുള്ളത് എന്നാൽ മൂന്നര വർഷം മാത്രമായിട്ട് കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ ഒക്കുമോ ഈ മൂന്നര വർഷത്തിനൊരു പശ്ചാത്തലമുണ്ട് അതെന്താ മുപ്പത് വർഷത്തെ ഒരു ജീവിതം ഈ മുപ്പത് വർഷത്തെ ജീവിതത്തിൽ കർത്താവ് എന്തു ചെയ്തു മുഴുവൻ സമയവും പിതാവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്തു പിതാവിൻ്റെ ഇഷ്ടം പിതാവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യുന്നത് യേശുവിന് എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നോ എളുപ്പമുള്ള കാര്യമായിരുന്നില്ല എന്തുകൊണ്ടാണ് എബ്രാഹ് ലൈനത്തെ നമ്മൾ വായിക്കുന്നു അവൻ നമുക്ക് തുല്യനാണ് നമുക്ക് തുല്യനായിട്ടാണ് ഈ ജഡത്തിലേക്ക് വന്നത് ഈ ഭൂമിയിലേക്ക് വന്നത് അപ്പം നമുക്ക് തുല്യനായി കർത്താവ് വന്നപ്പം കർത്താവിന് എന്തുണ്ടായിരുന്നു ഒരു സ്വന്തം ഇഷ്ടമുണ്ടായിരുന്നു ഈ സ്വന്തം ഇഷ്ടം കർത്താവിനുള്ളപ്പോൾ ആ സ്വന്തം ഇഷ്ടം താൻ ചെയ്താൽ എന്തായിപ്പോയി പാപമായിപ്പോയി ദൈവ ഇഷ്ടത്തിനെതിരെ സ്വന്തം ഇഷ്ടം ചെയ്താൽ പാപമായി പോയി ഏത് പാപവും നമ്മൾ അനലൈസ് ചെയ്ത് വരുമ്പോൾ ഇത്രയും നമ്മൾ കള്ളം പറയ കള്ളം പറയരുതെന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ കള്ളം പറഞ്ഞു ഉടനെ അതെന്തായിത്തീർന്നു പാപമായി തീർന്നു ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ചെയ്തു അതുകൊണ്ടാണ് അത് പാപമാകുന്നത് കർത്താവായി യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളവും ഇതേ കാര്യം തന്നെ ഉണ്ടായിരുന്നു കർത്താവ് പരീക്ഷിക്കപ്പെട്ടത് നമ്മൾ കാണുന്നുണ്ടല്ലോ ഓ കല്ല് അപ്പമായി തീരാൻ പറയാൻ പറഞ്ഞു പിശാചു കൊണ്ടുവന്നു കർത്താവ് അപ്പോഴ് ഉടനെ തന്നെ പിതാവുമായിട്ട് സ്പർശ്യതയുള്ളവനായിരുന്നതുകൊണ്ട് യേശു മനസ്സിലാക്കി ഇത് ഈ കല്ലിനെ അപ്പമാക്കുന്നത് പിതാവിൻ്റെ ഹിതമല്ല ഇങ്ങനെ ഒരു അത്ഭുതം കാണിച്ച് ക്രൂശിനെ ഒഴിഞ്ഞു പോയി എല്ലാവരും വാഴ്ത്തിപ്പാട് പാടി പോകുന്നതല്ല പിതാവിൻ്റെ ഹിതം മറിച്ച് ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊന്നും കാണിക്കാതെ തന്നെ ഞാനൊരു ക്രൂശി മരണത്തിലേക്ക് പോവുകയാണ് വേണ്ടതെന്ന് തനിക്ക് അറിയാവുന്നതുകൊണ്ട് താന് തൻ്റെ സ്വന്തം ഇഷ്ടത്തെ മാറ്റിവെച്ചിട്ട് പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ട് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു മൂന്ന് പരീക്ഷകളാണ് നമ്മളവിടെ കാണുന്നത് എന്നാൽ ഈ മൂന്ന് പരീക്ഷകൾ മാത്രമാണോ തൻ്റെ മുപ്പത് വർഷത്തിൽ താൻ എന്തെല്ലാം കാര്യങ്ങളിലൂടെ കടന്നു പോയിരിക്കും ഒരു ചിത്രം നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൻ്റെ മുകളിലത്തെ വരിയിൽ നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നതിനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു ഇവിടെ എന്താണ് നമ്മൾ വായിച്ചത് ക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് ഒടുവിലത്തെ മൂന്നര വർഷമേ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ആദ്യത്തെ കാലത്തെക്കുറിച്ചൊരു ചെറിയ ഗ്ലിംസ് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്നുണ്ട് എന്നാൽ ഈ പന്ത്രണ്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയ്ക്കുള്ള കാലമോ അജ്ഞാതകാലം ഹിഡൻ ഇയേഴ്സ് എന്ന് പറഞ്ഞ ആളുകൾ മാറ്റി വച്ചിരിക്കുക പക്ഷേ നമുക്ക് ഊഹിക്കാം എന്തായിരുന്നു കർത്താവ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് പിതാവിൻ്റെ ഇഷ്ടം ആദ്യത്തെ ഇത്രയും വർഷം തൻ്റെ ഈ ലോകത്തെ പിതാവായ ജോസഫിനും അമ്മയ്ക്കും ഒക്കെ കീഴടങ്ങി സഹോദരങ്ങളുടെ കാര്യമൊക്കെ നോക്കി നിൽക്കുന്നതായിരുന്നു പിതാവിൻ്റെ ഇഷ്ടമെന്നുള്ളത് കൊണ്ട് യേശു എന്ത് ചെയ്തു തൻ്റെ ഇഷ്ടത്തെ പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു തനിക്കത് എളുപ്പമായിരുന്നില്ല ഇന്ന് പല സുവിശേഷവിഹിത ആളുകളും ഇതിനെ വേണ്ട നിലയിൽ കാണുന്നില്ല ഈ കാര്യം എടുത്തു പറയുന്നത് കൊണ്ടാണ് പലരും പറയുന്നത് നമ്മളെന്തോ കുഴപ്പം പിടിച്ച കാര്യങ്ങൾ പറയുന്നു എന്നീ പറയുന്നു സത്യത്തിൽ ദൈവപചനത്തോട് ചേർന്നാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളെന്താ പറയുന്നത് നമ്മളിവിടെ കാണുന്നു യേശു തൻ്റെ ഐഹ്യ ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു അപ്പോ ഈ കാര്യം യേശുവിൻ്റെ ഉറച്ച നിലവിളിയും കണ്ണുനീരും എന്തിനായിരുന്നു ദൈവമേ എനിക്ക് നിന്റെ ഇഷ്ടം തന്നെ ചെയ്യണം ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ നിന്ന് പ്രവർത്തിച്ചു പോകരുത് ഇത് എളുപ്പമല്ല നമുക്കറിയാം നമ്മുടെ ഇഷ്ടം ദൈവ ഇഷ്ടത്തിനായിട്ട് മാറ്റിവെക്കുമ്പം അതിൻ്റെ അകത്തൊരു വേദന അറിയുന്നുണ്ട് സ്വന്തം ഇഷ്ടത്തോട് നോ എന്ന് പറയുമ്പോൾ ഒരു വേദനയുണ്ട് യേശുവിനും ആ വേദന അറിയാമായിരുന്നു എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ചിലർ പറയുന്നത് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കർത്താവിൻ്റെ ഈ ഉറച്ച നിലവിളി കർത്താവ് ക്രൂശിക്കിടന്ന് നിലവിളിച്ചില്ലേ കഷ്ടാനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് പറയുന്നു എന്നാൽ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അവസാന ഭാഗം ശ്രദ്ധിക്കുക കർത്താവ് അപേക്ഷയും അഭിയാനേയും കഴിച്ചു ഫയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു ആ ക്രൂശി മരണത്തിൽ നിന്ന് തന്നെ വിടുവിക്കണമെന്നായിരുന്നു കർത്താവിൻ്റെ അപേക്ഷയെങ്കിൽ ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചെങ്കിൽ കർത്താവ് എന്ത് ചെയ്യാൻ പാടില്ല ക്രൂശിൽ മരിക്കാൻ പാടില്ല പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് എന്താ തൻ്റെ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് അപ്പം ഇത് കേവലം ശാരീരികമായ ഒരു മരണമല്ല മറിച്ചെന്താ പാപത്തിൻ്റെ ശമ്പളം മരണം പാപം ആകുന്ന മരണത്തിൽ വീണു പോകാതെ പാപമെന്ന് പറയുമ്പോൾ ഏതോ വലിയ കൊലയോ വ്യഭിചാരമോ അങ്ങനെ ചിന്തിക്കണ്ട മറിച്ചെന്താ ദൈവേഷ്ടത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്താൽ അത് പാപമാണ് മരണമാണ് ആ മരണത്തിൽ നിന്ന് തന്നെ രക്ഷിപ്പാൻ കഴിയുന്നവനോട് കർത്താവ് എന്തോ ചെയ്തു അപേക്ഷയും അഭയാചനയും കഴിക്കുകയും തനിക്ക് ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു ഉത്തരം ലഭിച്ചതിൻ്റെ ഫലമായിട്ട് താനിന്ന് എന്തിൽ പെട്ടില്ല ഈ മരണത്തിൽ പെട്ടില്ല ഈ പാപം മരണത്തിൽ താൻ പെടാതിരുന്നു എന്ന് വളരെ വ്യക്തതയോടെ ഈ കാര്യം പറയുമ്പോൾ ഇന്ന് ചിലർ പറയുന്നത് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ വചനത്തെ ശ്രദ്ധിക്കുമ്പോൾ എന്താ നമുക്ക് കാണാൻ കഴിയുന്നത് പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ട് തൻ്റെ ഇഷ്ടത്തെ ബലി കഴിച്ചതിൻ്റെ ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത് അങ്ങനെ കർത്താവ് ചെയ്ത് താൻ അനുസരണം പഠിച്ച് തികഞ്ഞവനായി അനുസരണം പഠിച്ച് തികഞ്ഞവനായി ഇങ്ങനെ അനുസരണം കർത്താവിനെ ഒടുവിൽ മൂന്ന് മുപ്പത്തി മൂന്നര വർഷത്തിൻ്റെ ഒടുവിൽ ഈ കർത്തൃമേശ സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞത് അതിന് പകരം അനുസരണം ഇല്ലാതിരുന്നെങ്കിൽ സ്വന്തം ഇഷ്ടത്തെ ഏൽപ്പിച്ചു കൊടുക്കാതിരുന്നെങ്കിൽ കർത്താവിന് ഒടുവിൽ ഈ കാര്യം ചെയ്യാൻ ഒക്കുമായിരുന്നോ ഒക്കെ ഇല്ലായിരുന്നു പാപത്തിൽ വീണു അങ്ങനെ സംഭവിക്കാൻ കഴിയുമായിരുന്നില്ല കർത്താവ് തന്നെ സൂക്ഷിച്ച് ഓ പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ട് നിരന്തരം ഏൽപ്പിച്ചു കൊടുത്ത് പ്രലോഭനങ്ങളിൽ വീണു പോകാതെ കർത്താവ് നിന്നു എന്നുള്ളതിനെ അനുസരണം പഠിച്ച് തികഞ്ഞവനായിരുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ അനുസരണം പഠിച്ചു തികഞ്ഞതിന് ശേഷം മുപ്പത്തിമൂന്നര വർഷത്തിന്റെ ഒടുവിൽ ഇതാ കർത്താവ് പറയുന്നു ഞാൻ ഈ കവനന്റെ ഏർപ്പെടുത്തുന്നു കവനൻ്റിന് വേണ്ട മരണം എൻ്റെ മരണമുണ്ട് കവനൻറ്റിനു വേണ്ട അനുസരണം എൻ്റെ ഭാഗത്തുണ്ട് ഞാൻ ഇത്രയും നാൾ ഒരു ഒരു നിലയിലും പിതാവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ഒരു മരണത്തിൽ വീണു നിന്നു അനുസരണം പഠിച്ചു തികഞ്ഞു കണ്ടോ കർത്താവ് ഈ ഉടമ്പടി സ്ഥാപിക്കാൻ മരണം തൻ്റെ ഭാഗത്ത് നിന്ന് മരണം തൻ്റെ ഭാഗത്ത് നിന്നുള്ള അനുസരണം ഇത് കൊണ്ടുവന്നു അതിനാൽ താന് മുദ്രയിട്ടു മുദ്രയിട്ടു ഈ രണ്ട് കാര്യം ചെയ്തടത്ത് കേവലം യാന്ത്രികമായിട്ട് അങ്ങ് ചെയ്യുകയായിരുന്നില്ല മറിച്ച് അതിനെ പ്രചോദിപ്പിച്ച ഒരു കാര്യമുണ്ട് അതെന്താ നമ്മോടുള്ള സ്നേഹം ആ കാര്യം കൂടെ കാണാതിരുന്നുകൂടെ യോഹനാൻ്റെ സുശേഷം പതിമൂന്നാം അധ്യായം ആദ്യത്തെ വാക്യം യേശു താന് ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു കണ്ടോ ഇതിൻ്റെ തൊട്ട് ഇനിയും വരാൻ പോകുന്നത് കർത്തൃമേശ ആചരണവും അതുപോലെ തന്നെ ക്രൂശി ഒക്കെ ഈ അവസാന ഘട്ടത്തിലും കർത്താവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്താവിൻ്റെ ഇതു ഇതെല്ലാം അനുഭവിച്ചത് നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ് സ്നേഹത്തെ പ്രതി മരണം അനുസരണം ഇത് രണ്ടും നമുക്ക് മാതൃകയാകാനും നമുക്ക് രക്ഷകനാകാനും രണ്ടിനും വേണ്ടി കർത്താവ് സ്നേഹത്തിൽ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു പ്രിയപ്പെട്ടവരെ ഇതാണ് ഈ ഉടമ്പടിയുടെ ദൈവം ചെയ്യേണ്ട ഭാഗം ഇനിയും നമ്മൾ ചെയ്യേണ്ട ഭാഗമോ നമ്മൾ ചെയ്യേണ്ട ഭാഗമുണ്ട് നമ്മൾ ചെയ്യേണ്ട ഭാഗം എന്താ നമ്മൾ ചെയ്യുന്നതും അതിലും എന്തുണ്ടാവണം മരണമുണ്ടാവണം അതിലും അനുസരണം ഉണ്ടാകണം നമ്മൾ ഇതിൻ്റെ അകത്ത് മരണം നമ്മുടെ മരണം എങ്ങനെയാണ് കൊണ്ടുവരുന്നത് നമുക്ക് കർത്താവ് മരിച്ചതുപോലെ അക്ഷരീകമായിട്ടുള്ള ഒരു മരണമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം മറിച്ചെന്താ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് മരിക്കുന്നതാണ് ഇതിന് പഴയ നിയമത്തിൽ പരിച്ഛേദനയോട് ചേർത്താ പറഞ്ഞിരിക്കുന്നത് പരിച്ഛേദനം നമ്മൾ സമയമില്ലല്ലോ ഉൽപ്പത്തി പുസ്തകം പതിനേഴാമധ്യായം അതിൻ്റെ ഏഴ് പതിനൊന്ന് വാക്യങ്ങൾ നോക്കിയാൽ കർത്താവ് ദൈവം ഇസ്രായേൽ മക്കൾക്ക് പരിച്ഛേദന പരിഛേദന എന്നൊരു ഉടമ്പടി നൽകുന്നതാണ് നമ്മൾ കാണുന്നത് അവിടെയും നിയമം ഉടമ്പടി എന്ന വാക്ക് കാണാം പരിച്ഛേദനയും ഒരു ഉടമ്പടിയാണ് ആ ഉടമ്പടിയിലെന്താണ് ആ ഉടമ്പടി ഈ ജനം അവരുടെ ശരീരത്തിലേൽക്കേണ്ടതാണ് പരിച്ഛേദന ആ പരിചേതന അവരോട് വാക്കും ഭാഷണവും കൂടാതെ പറയുന്നത് എന്താ ഇത് ഓ ഇതിനായിട്ട് ദൈവേഷ്ടം ചെയ്യാനായിട്ട് ഞാൻ എന്നെ തന്നെ ഏർപ്പെടുത്തി സമർപ്പിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഈ പരിച്ഛേദന എന്നാണ് ഇസ്രായേൽ മക്കളോട് ഈ പരിച്ഛേദന പറഞ്ഞു കൊണ്ടിരുന്നത് ഈ ഉടമ്പടി പറഞ്ഞു കൊണ്ടിരുന്നത് ഈ നിയമം ഉൽപ്പത്തി ദിവസം പതിനേഴാം അധ്യായത്തിൻ്റെ ഏഴ് പതിനൊന്ന് വാക്യങ്ങൾ നമ്മൾ നോക്കിയാൽ അവിടെ നിയമം ഉടമ്പടി എന്ന വാക്ക് നമുക്ക് കാണാനായിട്ട് കഴിയും പരിച്ഛേദന ആട്ടെ ഇസ്രായേൽ മക്കൾക്ക് ശരീരത്തിൽ ഒരു പരിചേദന ഉണ്ടായിരുന്നു നമുക്കോ നമുക്കോ നമുക്കുമുണ്ട് പരിച്ഛേദന നമ്മുടെ പരിച്ഛേദന എവിടെയാ റോമർ കഴുതിയ ലേഖനം രണ്ടാമധ്യായത്തിൽ അതിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ നമ്മളത് കാണുന്നു രണ്ടിൻ്റെ അകമേയഹൂതനായവൻ അകമേ യഹൂദനായവനത്ര യഹൂദൻ അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയെ അത്രേ പരിച്ഛേദന നമ്മൾ ഒരു പരിച്ഛേദന അറിയുന്നുണ്ട് ആ പരിച്ഛേദന എവിടാ ഹൃദയപരിച്ഛേദന ഈ പരിച്ഛേദന എന്തിനെ വിളിച്ചറിയിക്കുന്നു മരണത്തെ വിളിച്ചറിയിക്കുന്നു മരണത്തെ വിളിച്ചറിയിക്കുന്നു ഉൽപ്പത്തി ദിവസം പതിനേഴാം അധ്യായം നമ്മളത് വായിച്ചാൽ നമുക്ക് കാണാനായിട്ട് കഴിയും ഇന്ന് നമ്മൾ ആന്തരികമായിട്ടൊരു പരിച്ഛേദന ഹൃദയപരിച്ഛേദന കേൾക്കുമ്പോൾ ഈ ഹൃദയ പരിച്ഛേദന എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അത് പ്രിയപ്പെട്ടവരെ വളരെ വേഗത്തിൽ ഇങ്ങനെ പറയാം ദൈവേഷ്ടത്തിന് വേണ്ടി നമ്മിലുള്ള നമ്മുടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ വേണ്ടെന്ന് വയ്ക്കുന്നത് അതിനെ ഛേദിച്ച് കളയുന്നത് സ്വന്തം ഇഷ്ടത്തെ വേണ്ടെന്ന് വെക്കുന്നത് ജഡത്തിൻ്റെ താല്പര്യങ്ങളെ നിവർത്തിക്കാതിരിക്കുന്നത് ദൈവകൽപ്പന പാലിക്കാൻ വേണ്ടി നമ്മുടെ ജഡത്തോട് നോ എന്ന് പറയുന്നതാണ് ഹൃദയപരിച്ഛേദന ഹൃദയപരിച്ഛേദന ഇത് ആന്തരീകമാണ് കണ്ടോ അകമേ യഹൂദനായവനാണ് യഥാർത്ഥത്തിലെ യഹൂദൻ അതുകൊണ്ട് പൗലോസ് ഇവിടെ പറയുക നമ്മൾ ആ യഥാർത്ഥത്തിലുള്ള ജ്യു നമ്മളെന്താ നമ്മളാണ് യഥാർത്ഥത്തിലുള്ള യഹൂദൻ കാരണം നമ്മൾ ആന്തരിക പരിച്ഛേദന കേൾക്കുന്നവരാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ നോക്കുക നമ്മൾ പലപ്പോഴും നമ്മുടെ ജഡത്തിന് പല കാര്യങ്ങൾ താല്പര്യമുള്ളതുണ്ട് ഇന്ന് സ്നാനപ്പെട്ട പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർ തിരിച്ച് ചെല്ലുമ്പം അവരുടെ സാഹചര്യങ്ങളൊന്നും മാറിയിട്ടില്ല പഴയ അതേ സാഹചര്യങ്ങൾ പഴയ അതേ കൂട്ടുകാർ പഴയ അതേ ആളുകൾ സെയിൻറ്റ് അഗസ്റ്റിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ സെയിൻറ്റ് അഗസ്റ്റിൻ വളരെ വിശുദ്ധനായ ആയിട്ട് കർത്താവിനായിട്ട് ജീവിച്ചിരുന്ന ഒരാൾ എന്നാൽ അദ്ദേഹം ചെറുപ്പത്തിൽ അദ്ദേഹം വളരെ കുഴപ്പക്കാരനായിരുന്നു വീട്ടിലെ കുഴപ്പമൊക്കെ ഉണ്ടാക്കി കാർത്തേജ് ആഫ്രിക്കയിൽ ഈജിപ്റ്റിലെ കാർത്തേജ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് അദ്ദേഹം പോയി അവിടെ പോയി അങ്ങനെ കഴിയുമ്പം അദ്ദേഹത്തിന് പല തരത്തിലുള്ള മോശപ്പെട്ട ആളുകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അങ്ങനെ ഒരു മോശപ്പെട്ട സ്ത്രീയുമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധമുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് അദ്ദേഹത്തിന് എന്തുണ്ടായത് കർത്താവിലേക്ക് താന് ഒരു സമർപ്പണം ഉണ്ടായത് തനിക്കൊരു രക്ഷയുടെ അനുഭവം ഉണ്ടായത് ഈ രക്ഷയുടെ അനുഭവം ഉണ്ടായിട്ട് താന് പിന്നീട് കാർത്തേജിലെ തെരുവിലൂടെ നടക്കുമ്പം ദോണ്ടട ആ പഴയ സ്ത്രീ വരുന്നു പഴയ സ്ത്രീ വരുന്നു അവർ കണ്ടിട്ട് ആ അഗസ്റ്റ്യൻ അഗസ്റ്റ്യൻ എന്ന് പറഞ്ഞ് വിളിച്ചു അഗസ്റ്റ്യൻ നീ എന്നെ കണ്ടില്ലേ ഏതാണ് ആ പഴയ സ്ത്രീയാണ് പക്ഷെ അഗസ്റ്റിന് അഗസ്റ്റ്യൻ പറഞ്ഞു ഈ സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന അഗസ്റ്റിൻ മരിച്ചു പോയി ഇത് വേറൊരു അഗസ്റ്റ്യനാണ് ഗുഡ് ബൈ എന്ന് പറഞ്ഞ് അഗസ്റ്റിൻ പോയി എന്നാണ് അഗസ്റ്റിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ എന്താ ഇവിടെ എന്താ ഇവിടെ ഒരു ഹൃദയ അഗസ്റ്റിൻ വിധേയനായി ജഡത്തിൽ തൻ്റെ താല്പര്യങ്ങൾ കിടപ്പുണ്ട് സ്നാനപ്പെട്ട പ്രിയപ്പെട്ടവർ തിരിച്ചു ചെല്ലുമ്പോൾ അവരുടെ സാഹചര്യങ്ങൾ മാറിയിട്ടില്ല ആളുകൾ മാറിയിട്ടില്ല അതേ ആളുകളും അതേ സാഹചര്യങ്ങളും പക്ഷേ അഗസ്റ്റിൻ മാറി അഗസ്റ്റിൻ മരിച്ചു ഇത് വേറൊരു അഗസ്റ്റിനാണ് ഇതൊരു പുതിയ അഗസ്റ്റിനാണ് ഈ അഗസ്റ്റിന് എന്തിൽ താല്പര്യമില്ല ജഡത്തിൻ്റെ ഇച്ഛകളിൽ താല്പര്യമില്ല ഒരു ഹൃദയപരിച്ഛേദനയ്ക്ക് അവൻ വിധേയനായി ഇതാണ് ഹൃദയപരിച്ഛേദന ഈ ഒരു കാര്യത്തിലൂടെ നമ്മൾ കടക്കുമ്പം അവിടെ എന്താ നമ്മൾ അറിയുന്നത് ഒരു മരണത്തെ അറിയുക അഗസ്റ്റി പറഞ്ഞു പഴയ അഗസ്റ്റ്യൻ മരിച്ചു മരണത്തെ അറിഞ്ഞു നമ്മളും ജഡത്തോട് ഹൃദയപരിച്ഛേദനയുടെ ഭാഗമായിട്ട് നമ്മൾ നോയെന്ന് പറയുമ്പോൾ ഉള്ളിൽ നമ്മളൊരു മരണമറിയുക കർത്താവായ യേശുക്രിസ്തു കാൽവര ക്രൂശിയിൽ അറിഞ്ഞ അക്ഷരാർത്ഥത്തിലുള്ള മരണമല്ല പക്ഷേ ആ മരണത്തിൻ്റെ ആന്തരിക വ്യഥ നമ്മളും പേറുക ചെയ്യുന്നു അങ്ങനെ മരണത്തെ അറിയാത്ത ഒരാൾക്ക് ഈ കവനൻ്റിൽ പങ്കാളിത്തമില്ല നമ്മുടെ ഭാഗത്ത് നമ്മൾ ആ മരണമറിയണം രണ്ടാമതെന്താ മരണവും അനുസരണവും നമ്മുടെ ഭാഗത്ത് നിന്ന് അനുസരണം നമുക്കിതൊക്കെ എത്ര വേണമെങ്കിലും നമുക്ക് പറഞ്ഞു പോകാം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൽപ്പന നമ്മളനുസരിക്കുമ്പോൾ അങ്ങനെ അനുസരിക്കാമെന്നാണ് ജീവിതത്തിൽ മരണപര്യന്തം അങ്ങനെ കൽപ്പനയനുസരിച്ച് വിശ്വസ്തരായിട്ട് നിൽക്കാമെന്നാണ് ഇന്ന് സ്നാനജലത്തിലേക്കിറങ്ങിയ അഞ്ചു പേരും പറഞ്ഞത് നമ്മളും കാലാകാലങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കും നമ്മുടെ സ്വാഭാവികമായിട്ട് നമുക്ക് സന്തോഷം പക്ഷേ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി നമ്മളെന്തോ ചെയ്യും കൽപ്പന അനുസരിക്കും നമ്മളെ യോഹനാൻ്റെ സുശേഷം പതിനാലാമത്തെ ആയം പതിനഞ്ചാമത്തെ വാക്യം നമുക്കറിയാമല്ലോ അതിൻ്റെ ഇരുപത്തൊന്നാമത്തെ വാക്യവും നമുക്കറിയാം അവിടെ രണ്ടടത്തും പറയുന്നത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന കാത്തുകൊള്ളൂ എങ്ങനെയാ ഈ കൽപ്പന നമുക്ക് കാക്കാനായിട്ട് ഒക്കുന്നത് സ്നേഹം അതിൻ്റെ പശ്ചാത്തലത്തിലുണ്ട് പരിചേദനയോട് ചേർന്നും മരണാനുഭവത്തോട് ചേർന്നും അവിടെയും സ്നേഹമുണ്ട് നമുക്കൊരു വാക്യം ആവർത്തന പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ വായിക്കാം ആവർത്തന പുസ്തകം ആവർത്തന പുസ്തകം മുപ്പതാമത്തെ അധ്യായം മുപ്പതാമത്തെ അധ്യായത്തിൽ പരിച്ഛേദനയെക്കുറിച്ച് പറയുന്നിടത്ത് സ്നേഹത്തെക്കുറിച്ചും പറയുന്നുണ്ട് മുപ്പതിൻ്റെ ആറാമത്തെ വാക്യം ആറാമത്തെ വാക്യം നീ ജീവിച്ചിരിക്കേണ്ടതിന് നിൻ്റെ ദൈവമായ ഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിൻ്റെ ദൈവമായ ഹോവ നിൻ്റെ ഹൃദയവും നിൻ്റെ സന്തതിയുടെ ഹൃദയവും പരിഛേദന ചെയ്യും അപ്പം കൽപ്പന കാക്കണമെങ്കിൽ സ്നേഹം വേണം പരിച്ഛേദന മരണമറിയണമെങ്കിലും അതും സ്നേഹം വേണം ഞാൻ ഞാനെൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക പ്രിയപ്പെട്ടവരെ നമ്മളെന്താ പറഞ്ഞു വന്നത് നമ്മൾ പറഞ്ഞു വന്നത് ഇതൊരു ഉടമ്പടിയാണെന്നാണ് പറഞ്ഞത് ഉടമ്പടിയിലെ ദൈവത്തിൻ്റെ ഭാഗമുണ്ട് കർത്താവിൻ്റെ ഭാഗമുണ്ട് കർത്താവിൻ്റെ ഭാഗത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മരണം രണ്ടനുസരണം നമ്മുടെ ഭാഗത്തും ഇത് രണ്ടുമുണ്ട് മരണം അനുസരണം കർത്താവിൻ്റെ ഭാഗത്തെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കർത്താവിൻ്റെ ഭാഗത്തെ അനുസരണത്തെക്കുറിച്ച് ചിന്തിച്ചു രണ്ടും രണ്ടിനും പശ്ചാത്തലമായിരുന്നതെന്താ നമ്മോടുള്ള സ്നേഹം ഇന്ന് നമ്മൾ ഈ കവൻ്റിൽ നമ്മുടെ ഭാഗം പൂർത്തിയാക്കാനായിട്ട് നമ്മൾ മരണവും നമ്മൾ അനുസരണവും കൊണ്ടുവരുമ്പം ഈ ഹൃദയപരിച്ഛേദനയ്ക്കും ഈ ജഡത്തോട് ജഡത്തിലുള്ള ഹൃദയ പരിച്ഛേദനയ്ക്കും ആന്തരീക കർത്താവിൻ്റെ കൽപ്പന കാക്കുന്നതിനും നമ്മളെ പ്രചോദിപ്പിക്കുന്നത് എന്താ സ്നേഹം സ്നേഹം സ്നേഹം ഇവിടെ കണ്ടോ മുപ്പതിൻ്റെ ആറിൽ ഹൃദയപരിചേദനയ്ക്കും ഹൃദയപരിചേദനയ്ക്കും കാരണം സ്നേഹമാണെന്ന് പറയുന്നു കൽപ്പന കാക്കാനും സ്നേഹമാണെന്ന് യോഹന്നൻ്റെ സുവിശേഷം പതിനാലിൻ്റെ പതിനഞ്ചിൽ പറയുന്നു നമ്മൾ കർത്താവിന് ഈ ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ട് നമ്മൾ മരണവും മരണവും കൊണ്ടുവന്നു കൽപ്പനയുടെ അനുസരണവും കൊണ്ടുവന്നു രണ്ടും സ്നേഹത്താൽ പ്രചോദിപ്പിക്കപ്പെട്ടതാണ് പലപ്പോഴും സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകം ഉത്തമഗീതമാണല്ലോ ഉത്തമഗീതം ഉത്തമഗീതത്തിൽ എനിക്ക് മനസ്സിലാകാൻ ഒക്കാത്ത ഒരു പ്രയോഗം ഞാൻ കണ്ടിട്ടുണ്ട് അത് അതിൻ്റെ എട്ടാമധ്യായത്തിലെ ഒരു പ്രയോഗമാണ് എട്ടാമധ്യായത്തിലെ എട്ടാമധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം പ്രേമം മരണം പോലെ ബലമുള്ളത് സ്നേഹം സ്നേഹത്തെയും മരണത്തെയും തമ്മി ചേർത്ത് പറഞ്ഞിരിക്കുക സ്നേഹം എവിടെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നല്ല കാര്യമൊക്കെ വേണ്ട പറയാം ഇപ്പോൾ ഈ ബൈബിൾ എടുത്ത് വായിച്ചാൽ നമുക്ക് പല കാര്യങ്ങളും പിടുത്തം കിട്ടുകയില്ല നമ്മുടെ സ്വാഭാവിക യുക്തിക്ക് സ്നേഹത്തെക്കുറിച്ച് പറയുമ്പം നല്ല പാട്ടെന്നോ നല്ല സന്തോഷമൊന്നോ നല്ല ഫൈക്കോഴ്സ് ഡിന്നർ എന്നോ അതിനോടൊക്കെ ചേർത്ത് വേണ്ട പറയും സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പം ഉത്തമഗീതകാരൻ ആര് എന്തിനോട് ചേർത്ത് പറയും സ്നേഹം ബലമുള്ളത് ഏതുപോലെ ബലമുള്ളത് മരണം പോലെ ബലം അയ്യോ സ്നേഹവും മരണവും തമ്മി ബന്ധിപ്പിച്ചിരിക്കുക പ്രിയപ്പെട്ടവരെ ശരിയാണ് ശരിയാ ശരിയാ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ മരണമറിയുന്നത് സ്നേഹിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൽപ്പന കാക്കുന്നത് നമുക്കിന്ന് ഇതിലേക്ക് കരം നീട്ടുമ്പോൾ നമുക്ക് പറയാം കർത്താവേ ഇതൊരു ഉടമ്പടി ആണെന്ന് ഞാൻ കാണുന്നു ഈ ഉടമ്പടിയിൽ നിന്റെ ഭാഗം നീ ചെയ്തു കഴിഞ്ഞു കർത്താവേ ഞാൻ എൻ്റെ ഭാഗം ചെയ്യും ഉടമ്പടിയാ നമ്മുടെ ഭാഗവും നമ്മൾ ചെയ്യും ഇതൊരു ജീവിതത്തിലുടനീളം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ് മരണപര്യന്തം വിശ്വസ്തരായിട്ട് നിൽക്കുക കൽപ്പനക്കാക്കുക അതുപോലെ തന്നെ ഓ ഹൃദയപരിച്ഛേദനയ്ക്കായിട്ട് വിധേയരാവുക ഇതെല്ലാം പ്രയാസപ്പെട്ട ഒരു കാര്യമല്ല സ്നേഹം ഇതിനെ മധുരമാക്കും സ്നേഹമാണ് ബന്ധപ്പാടുകളെ മധുരമാക്കുന്നത് നമുക്കറിയാം ചില പിതാക്കന്മാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചില ആളുകളെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ വെളുപ്പിനെ എണ്ണീറ്റ് ഒരു ജോലി ചെയ്ത് വേറൊരു ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഒരു ദിവസം ഓഫ് കിട്ടിയാലും ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് കൊണ്ടുവരിക എന്തിനാണ് ഈ പിതാവ് എന്തോ പിതാവിനെ വിളിച്ചൊന്ന് ചോദിക്കും നമ്മൾ നോക്കുമ്പോൾ ഈ പിതാവ് അങ്ങ് കഷ്ടപ്പെടുക അല്ലെങ്കിൽ മാതാവ് അടുക്കളയിൽ കൊച്ചുമക്കൾക്ക് വേണ്ടി അങ്ങ് കഷ്ടപ്പെടുക അവിടെ പാല് കാച്ചുന്നു ഇവിടെ അപ്പം വേണമെന്ന് പറയുന്നു അപ്പം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവനപ്പം വേണ്ട ഇണ്ട്രിയപ്പം മതി ഉടനെ ഇണ്ട്രിയപ്പം ഉണ്ടാക്കാം ഈ മാതാവിന് ഇത്രയും ക്ഷമയുണ്ടോ ഇവളുടെ കഷ്ടപ്പാട് എന്നാൽ ആ മാതാവിനെ വിളിച്ച് നമ്മളൊരു ഇൻ്റർവ്യൂ നടത്തി മാതാവേ നിനക്ക് ഇത് കഷ്ട ഓ എന്തോ കഷ്ടപ്പാട് ഞാനെൻ്റെ കുഞ്ഞിന് വേണ്ടിയല്ലേ കുഞ്ഞിനോടുള്ള സ്നേഹം കഷ്ടപ്പാടിനെ മധുരതരമാക്കും പിതാവ് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അതിൽ എന്തുണ്ട് മാധുര്യമാവുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മളെ സ്നേഹിച്ച കർത്താവിന് വേണ്ടിയാണ് നമ്മൾ ഈ ഹൃദയപരിച്ഛേദന ഏൽക്കുന്നതും കൽപ്പന ആക്കുന്നതും എന്ന് വരുമ്പോൾ ഇത് മധുരമാകും ഇതങ്ങനെ ഒരു മാധുര്യത്തിൻ്റെ മേശയാണ് നമുക്ക് ദേവസന്നിധിയിലെ വെച്ച് നിൽക്കാവും